മുരിക്കായ സ്ത്രീകൾ വിശ്വസിക്കുന്നതുവരെ അവരെ വിവാഹം കഴിക്കരുത് വിശ്വസിച്ച ഒരു അടിമപ്പെണ് മുഷരിക്കായ സ്ത്രീയേക്കാൾ ഉത്തമയാണ് അവൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടവളാണെങ്കിൽ പോലും മുഷരിക്കായ പുരുഷന്മാർ വിശ്വസിക്കുന്നതുവരെ അവരെ വിവാഹം ചെയ്തു കൊടുക്കരുത് വിശ്വസിച്ച ഒരടിമ പുരുഷൻ മുഷരിക്കായ പുരുഷനേക്കാൾ ഉത്തമനാണ് അവൻ നിങ്ങൾക്കിഷ്ടപ്പെട്ടവനാണെങ്കിൽ പോലും അവർ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത് എന്നാൽ അള്ളാഹു സുബാനഹുഅ തയാല തൻറെ അനുമതിയോടെ സ്വർഗ്ഗത്തിലേക്കും പാപമോചനത്തിലേക്കുമാണ് ക്ഷണിക്കുന്നത് മനുഷ്യർ ചിന്തിച്ചു മനസ്സിലാക്കുന്നതിനായി അവൻ തന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു